യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എന്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രയേൽ മക്കളോട് കൽപ്പിക്കണം നീ അവരോട് പറയേണ്ടത് നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന ദഹനയാഗം എന്തെന്നാൽ നാൾ തോറും നിരന്തര ഹോമയാഗത്തിനായി ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത രണ്ടു കുഞ്ഞാടാണ് ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം ഇടിച്ചെടുത്ത എണ്ണ കാൽഹീൻ ചേർത്ത ഒരിടങ്ങഴി മാവ് ഭോജനയാഗമായും അർപ്പിക്കണം ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി സിനായി പർവ്വതത്തിൽ വച്ച് നിയമിക്കപ്പെട്ട നിരന്തര ഹോമയാഗം അതിന്റെ പാനീയയാകം കുഞ്ഞാടൊന്നിന് കാൽഹീൻ മദ്യമായിരിക്കുകയാണ് അത് ഈ ഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കുകയാണ് മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്ത് യാഗം കഴിക്കേണ്ട അതിനെ രാവിലത്തെ ഭോജനയാഗവും അതിന്റെ പാനീയയാഗവും പോലെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കേണ്ട ശബത്തുനാളിലോ ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത രണ്ടു കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത രണ്ടിടങ്ങഴി മാവു അതിന്റെ പാനീയയാഗവും അർപ്പിക്കേണ്ട നിരന്തര ഹോമയാഗത്തിനും അതിന്റെ പനീയയാഗത്തിനും പുറമെ ഇത് ശപത്തുതോറുമുള്ള ഹോമയാകം നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി രണ്ട് കാളക്കിടാവിനേയും ഒരു ആട്ടുകൊറ്റനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഏഴു കുഞ്ഞാടിനെയും കാളയൊന്നിന് ഭോജനയാകമായി എണ്ണ ചേർത്ത മൂന്നിടങ്ങഴി മാവും ആട്ടുകൊറ്റന് ഭോജനയാഗമായി എണ്ണ ചേർത്ത രണ്ടിടങ്ങഴി മാവും കുഞ്ഞാടൊന്നിന് ഭോജനയാകമായി എണ്ണ ചേർത്ത ഒരിടങ്ങഴി മാവും അർപ്പിക്കേണ്ട അത് ഹോമയാകം ഈ ഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ അവയുടെ പനീയയാഗം കാളയൊന്നിന് അരഹീൻ വീഞ്ഞും ആട്ടുകൊറ്റന് ഹീനിന്റെ മൂന്നിലൊന്നും കുഞ്ഞാടൊന്നിന് കാൽഹീനും ആയിരിക്കേണ്ട വേണം ഇത് മാസാന്തരം അമാവാസി തോറുമുള്ള ഹോമയാഗം നിരന്തര ഹോമയാഗത്തിനും അതിന്റെ പാനീയയാഗത്തിനും പുറമെ പാപയാഗമായി യഹോവയ്ക്ക് ഒരു കോലാട്ടുകൊറ്റനെയും അർപ്പിക്കേണ്ടതാണ് ഒന്നാം മാസം പതിനാലാം തീയതി യഹോവയുടെ പെസഹ ആകുന്നു ആ മാസം പതിനഞ്ചാം തീയതി പെരുന്നാളും ആയിരിക്കണം ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഒന്നാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണം അന്ന് സാമാന്യവേലയൊന്നും ചെയ്യരുത് എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി രണ്ട് കാളക്കിടാവിനേയും ഒരു ആട്ടുകൊറ്റനെയും ഒരു വയസ്സ് പ്രായമുള്ള ഏഴു കുഞ്ഞാടിനെയും ദഹനയാഗമായി അർപ്പിക്കണം അവ ഊനമില്ലാത്തവ ആയിരിക്കണം അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് ആയിരിക്കണം വേണം കാളയൊന്നിന് മൂന്നിടങ്ങളും ആട്ടുകൊറ്റന് രണ്ടിടങ്ങളെയും ഏഴ് കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഓരോ ഇടങ്ങളും അർപ്പിക്കുകയാണ് വേണം വേണ്ടി പ്രായശുദ്ധം കഴിപ്പാൻ പാവയാഗത്തിനായി ഒരു കോലാട്ടിനെയും അർപ്പിക്കുകയാണ് വേണം ഹോമയാഗമായ രാവിലത്തെ ഹോമയാഗത്തിന് പുറമെ ഇവ അർപ്പിക്കുകയാണ് ഇങ്ങനെ ഏഴ് നാളും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗത്തിന്റെ ഭോജനം ദിവസം പ്രതി അർപ്പിക്കേണ്ട വേണം നിരന്തര ഹോമയാഗത്തിനും അതിന്റെ പാനീയയാഗത്തിനും പുറമെ ഇത് അർപ്പിക്കണം വേണം ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണു അന്ന് സാമാന്യവേലയൊന്നും ചെയ്യറിയരുത് വാരോത്സവമായ ആദ്യഫല ദിവസത്തിൽ പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം കൊണ്ടുവരുമ്പോഴും വിശുദ്ധ സഭായോഗം കൂടേണ അന്ന് സാമാന്യവേലയൊന്നും ചെയ്യറിയരുത് എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗത്തിനായി രണ്ട് കാളക്കിടാവിനെയും ഒരു ആട്ടുകൊറ്റനെയും ഒരു വയസ്സ് പ്രായമുള്ള ഏഴ് കുഞ്ഞാടിനെയും അർപ്പിക്കണം അവയുടെ ഭോജനയാഗമായി എണ്ണ ചേർത്ത മാവ് കാളയൊന്നിന് ഇടങ്ങഴി മൂന്നും ആട്ടുകൊറ്റന് ഇടങ്ങഴി രണ്ടും ഏഴ് കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും നിങ്ങൾക്കു വേണ്ടി പ്രായശ്ചിത്വം കഴിപ്പാൻ ഒരു കോലാട്ടുകൊറ്റനും വേണം നിരന്തര ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും അവയുടെ പാനീയയാഗത്തിനും പുറമെ നിങ്ങൾ ഇവ അർപ്പിക്കണം അവ ഊനമില്ലാത്തവ ആയിരിക്കേണ്ട